ശരം ശങ്കേ ഭഗവതപുശിവസമാരംഭം ശങ്കചാര്യപര്യന്തം വന്ദേ ഗുരു പരംപരാം ബോധാനന്തം അനന്ത സച്ചിതാനന്താനം മര്യാടുത്തേ നമ്മള് അർബുദം എന്നത് ഒരു വാർദ്ധക്യം ആയിത്തീരലാണ് കോശ വാർധക്യം വരലാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഒട്ടേറെ പഠനങ്ങൾ ജനറ്റിക്സിലും അതുപോലെ തന്നെ സൈറ്റോളജിയിലും ഉണ്ട് എന്നാൽ പരിഗണിക്കാതെയാണ് പലപ്പോഴും കച്ചവട തലത്തിൽ ം വികസിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രബന്ധങ്ങളും പഠനങ്ങളും ഇപ്പോൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഇവയിലെല്ലാം കൂടുതൽ ദുരൂഹതകൾ ചെലുത്തി അതിൻ്റെ കാരണങ്ങളെ വ്യക്തതയോടെ പഠിക്കാതെ നീങ്ങുന്നു എന്നതും കാണാം പാരമ്പര്യവും ക്രൂണകോശ സിദ്ധാന്തവും എല്ലാം വെച്ച് ഒരു നല്ല പഠനം ഇനിയും അനിവാര്യമായി വരുന്നു എന്ന് കാണാം അതേസമയം ഈ ആധുനിക പഠനത്തോടൊപ്പം പൗരാണികരെത്രത്തോളം ഇതിനെ പഠിച്ചിരിക്കുന്നു നോക്കി കണ്ടിട്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടി അവാന്തര പ്രകൃതിയിൽ നിന്ന് നമുക്ക് നീങ്ങാം പൗരാണികരീ പഠനത്തെ നീങ്ങുമ്പോൾ അർബുദം എന്നതിനെ പല നിലകളിലാണ് അവർ പരിശോധിച്ചിട്ടുള്ളത് ഒന്ന് ആയുർവേദത്തിൻ്റെ പഠനങ്ങളിൽ അർബുദം മഹാരോഗങ്ങളിൽ പെടുന്നില്ല നേരത്തെയും ഞാൻ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ വളരെ നിസ്സാരമായിട്ടാണ് പ്രാചീന പഠനങ്ങളിലെല്ലാം ഇതിനെ സമീപിച്ചത് എന്ന് തോന്നുമാറും എന്നാൽ അതേസമയം വിശദമായ പഠനങ്ങളോടുകൂടി അർബുദം എന്ന പേരിൽ കുറെ പഠനങ്ങളുണ്ട് എന്നാൽ ഇന്ന് ക്യാൻസർ എന്ന പേരിൽ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തുന്ന പലതും അർബുദത്തിന്റെ പട്ടികയിൽ ഇല്ല ഗ്രന്ഥിയുടെ പട്ടികയിൽ ചിലതുണ്ട് അർബുദം ഗ്രന്ഥി വിദ്രഥി അപചി ഗളകണ്ഠം കണ്ഠമാല രാജേഷ്മാവ് പ്ലീഹോദരം രം ജലോതരം ഇങ്ങനെ പല ഭാഗങ്ങളിലായി വിസ്തൃതമായി കിടക്കുന്ന അനേക തലങ്ങളിലുള്ള പഠനങ്ങളോടു ഒന്നാണ് ഇന്ന് ക്യാൻസർ എന്ന പേരിൽ നാം കാണുന്നതെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അതുകൊണ്ട് തന്നെ മൊഴിമാറ്റം നടത്തുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രകാരന്മാരുടെ അടുക്കൽ ചെന്ന് ബയോപ്സിയൊക്കെ എടുത്ത് ക്യാൻസർ ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അതിലെ വിചിത്രമായ ഒന്നുകൂടിയുണ്ട് ഒരു അർബുദ കോശവും ക്യാൻസർ സെല്ലും ഒരു നോർമൽ സെല്ലും തമ്മിൽ വ്യക്തമായ വ്യത്യാസം ഇനിയും വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല എന്നിട്ട ഈ ഡയഗ്നോസിസ് ഒക്കെ എന്നുള്ളത് വിചിത്രമാണ് ഇതെന്റെ അഭിപ്രായമല്ല സെല്ലുലർ ബയോളജിയിൽ ലോകപ്രശസ്തങ്ങളായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആധുനികരായ വിഷഗുര പ്രമാണിമാരുടെ അഭിപ്രായമാണ് ഇന്ന് ക്യാൻസർ എന്ന വ്യവസായം ഇത്രയേറെ വളർന്നിരിക്കുന്നത് സിലിക്കൺ വാലിയിൽ നിന്നാണ് സിലിക്കൺ വാലി എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ഒരു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടോ ഒരു വ്യക്തിയുടെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇന്നത്തെ ലോക കോടീശ്വരൻ ബിൽഗേറ്റ് വാലിയിലെ തന്റെ സമ്പാദ്യം ക്യാൻസർ റിസർച്ചിനാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്നെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന മറ്റ ബഹുരാഷ്ട്ര ഭീമന്മാർ ഈ രംഗത്താണ് ഇന്ന് കളിക്കുന്നതെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിന്റെ കച്ചവട സീമ എത്രത്തോളം വിപുലമായിരിക്കുമെന്ന് ചിന്തനീയവുമാണ് നമുക്ക് ഇതിന്റെ സാമൂഹികതയെ പറ്റി അവസാന ഭാഗങ്ങളിൽ പറയുമ്പോൾ പറയാമെന്ന് വിചാരിച്ച് തൽക്കാലം മാറ്റി വയ്ക്കുന്നു കാരണം അല്ലെങ്കിൽ വിഷയം കുറെ വിപുലമായി പോകും കാരണം ഇത് പഠിച്ച് തീരാറാകുമ്പോഴേക്ക് വയ്ക്കാം പക്ഷെ ആയുർവേദം ഇതിനെ സമീപിച്ചത് സമഗ്രമായ ശരീരശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ശാഖയെയും പ്രത്യേകം പ്രത്യേകമായി എടുത്തു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ക്യാൻസറിലെ വലിയൊരു വകഭേദമായ ലുഖീമിയ സി എം എൽ ക്രോണിക് മൈലോയിഡ് ലുഖീമിയ സി എൽ എ എൽ എൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയൂട്ട് മൈലോയിഡ് ലുക്കീമിയ തുടങ്ങി പല വകഭേദങ്ങളിൽ അറിയപ്പെടുന്ന രക്തത്തിൽ പരിണാമം വന്നുണ്ടാകുന്ന ഈ രോഗത്തെ ബോൺമാരോയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് അറിയുന്ന രോഗത്തെ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ൂടെയാണ് പോയതെങ്കിൽ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ വികസിച്ച രാജ്യങ്ങളിൽ ഇതിനെ ഇമ്മ്യൂണിറ്റിയോട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് സി ഡി ഫോർ സി ഡി എയ്റ്റ് മാർക്കറുകളെ അവലംബിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു മാറ്റമാണ് ഇതിനെ ആയുർവേദം പാണ്ഡുതയുടെ ഭാഗങ്ങളിൽ പാണ്ഡുരോഗം പാണ്ഡുക എന്ന് പറഞ്ഞാൽ അനീമിയ രക്തത്തില് ശ്വേതരക്താണുക്കൾ കുറഞ്ഞു വരുന്നതിൻ്റെ കൂടി വരുന്നതിൻ്റെ പ്ലേറ്റ്ലെറ്റിലും കുറയുന്നതിൻ്റെ അപ്ലാസ്റ്റിക് അനീമിയ ഹീമോഗ്ലോബിൻ കുറയുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വിവിധ തരം പട്ടികയിൽപ്പെടുത്തി ആയുർവേദം െ പഠിക്കുന്നുണ്ട് മൊഴിമാറ്റം നടത്തുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നാൽ ഇവിടെയാണ് എന്നാൽ ഇത് സ്പ്ലീനിനോട് ബന്ധപ്പെട്ട് പാണ്ഡുതയിൽ സ്പ്ലീനിന് വികാസമുണ്ടാകുമ്പോൾ ആയുർവേദത്തിൽ വളരെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് കുട്ടിക്കാലത്തൊക്കെ ഈ രോഗവുമായിട്ട് എന്നാല് പഴയ വൈദ്യന്മാരെ പൊക്കിളിന്റെ എവിടെയൊന്ന് നോക്കുമ്പോൾ സ്പ്ലീനിങ്ങനെ ചൂണ്ടിരിക്കും ചെറിയൊരു മരുന്ന് കൊടുക്കും മാറും ഇന്ന് ആ അവസ്ഥയിൽ ഒരാളും പോയി വിശപൂരന്മാരെ ആ ശാഖയിൽ കാണാറില്ല എന്നുള്ളതൊന്ന് രണ്ട് പ്രാചീന രീതിയിൽ ഇത് കണ്ടാൽ അതിന് നിസ്സാര പരിഹാരങ്ങൾ ചെയ്യാൻ അറിയുന്ന ആളുകൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചവരാതെ വരുന്നു എന്നത് രണ്ട് മുൻകാലങ്ങളിലൊക്കെ തൃക്കൂണിത്തുറയൊക്കെ ആണെങ്കിൽ തൃക്കോവിൽ അച്യുത വാര്യോ തൊട്ടപ്പുറത്ത് ശങ്കരം വൈദ്യരെ നമ്മളറിയുന്ന പേരുകളാണ് എന്നാണ് എന്റെ വിശ്വാസം ശങ്കരം വൈദ്യര് മരിച്ചിട്ട് രണ്ടു കൊല്ലയെല്ലാം തോന്നി ശങ്കരം വൈദ്യ അതുമല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ മുമ്പ് ഒരു കുഞ്ഞുണ്ണി വൈദ്യരും എന്തോ ഏ കുഞ്ഞൻ വൈദ്യരും കുഞ്ഞുണ്ണി വൈദ്യരും രണ്ടുപേര് കുഞ്ഞൻ വൈദ്യരും കൊട്ടാരവുമായ എന്തോണ്ടായിരുന്നു തോന്നുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ളവർക്ക് ഈ പരിതരത്ത് തന്നെ പേര് പറയാവുന്നത് കുറെ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് അപ്പം നിനക്ക് അത്രയെണ്ണം അറിയാമായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവരെയൊക്കെ പോയി സമീപിച്ചു കഴിയുമ്പോൾ അവര് കുട്ടിയെ ഒന്ന് വലത്തി കിടത്തി ആ പൊക്കളിൻ്റെ അവിടെ നോക്കുമ്പോൾ സ്പ്ലീൻ സെറോസിസ് ഉണ്ട് ആ പോയി മുരിങ്ങ വേരിൻ്റെ നീര് വടക്കോട്ട് പോയ വേരിൻ്റെ നീര് ഒരു ടീസ്പൂൺ രാവിലെ വൈകുന്നേരവും പാലിക്കൊടുക്കാൻ പറഞ്ഞ് നാല് നേരം കൊടുക്കുമ്പോൾ സ്പ്ലീൻ അങ്ങ് ചുരുങ്ങും രക്തമൊക്കെ വർധിക്കും നോർമലാകും ഇത്രയേ ഉള്ളു പണി തുടക്കത്തിലാണെങ്കിൽ വളരെ നിസ്സാരമാണ് ഈ രോഗം മണിത്തക്കാളി അല്ലെങ്കിൽ മത്തക്കാളി വീട്ടിലെങ്ങാനും ഇപ്പുണ്ടെങ്കിൽ മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു കൊണ്ട് തൃപ്പൂണിത്തുറകൾ ഇപ്പൊ പാലക്കാട് എവിടെയെങ്കിലും പോയി പാക്കറ്റിൽ മത്തക്കാളിയുടെ വാറ്റൽ വാങ്ങിക്കൊണ്ടത് ഇനി ഒന്നല്ലാതെ കിട്ടി തുടങ്ങി തോന്നുന്നു അല്ലേ പണ്ട് ഈ തൃപ്പൂണിത്തറ ചന്തയിലൊക്കെ മത്തക്കാളിയുടെ ഇല വരുവായിരുന്നു കറിവൊക്കെ ഇപ്പ ഇല്ലാന്ന് ഇല്ല മത്തക്കാളി മണിത്തക്കാളി എന്നൊക്കെ പറയും കെട്ടിലുണ്ടാവോ ആ കറുത്ത അല്ലല്ല മണിത്തക്കാളി എന്നവർ ചെറിയ പഴുത്താൽ കറുത്ത പഴങ്ങളുള്ള ഒരു ചെടിയാണ് അതിന്റെ ഇല നീര് ഒരു മൂന്ന് നേരം കൊടുക്കുമ്പോഴേക്ക് താഴും ഞാവലൊക്കെ ധാരാളം ഈ പ്രദേശത്തുണ്ട് അതിന്റെ ഞാവൽ തോല് ഒരു കഷായം വെച്ച് ഈ അനീമിയ സ്പ്ലീൻ സെറോസിസ് ഒക്കെ താഴും വളരെ രണ്ടു നേരത്തേക്കാണ്ട് കൂടുതലൊന്നും വേണ്ട അല്ലാതെ ഒരുപാട് പ്രാവശ്യമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമുള്ള സാധനമല്ലേ ഇതൊക്കെ അമ്മമാർക്ക് അറിയാമായിരുന്നു അവർ തന്നെ കൊടുക്കും അവര് തന്നെ കുഞ്ഞിനെ നോക്കുമ്പോൾ ചൂണ്ടി വയറ് ചൂണ്ടിയിരിക്കുന്നു അവര് ചൂണ്ടുകാന്നൊക്കെയാ പറയാ അവർക്ക് സ്പ്ലീനാണെന്നൊന്നും അറിയില്ല പക്ഷെ കുഞ്ഞിന്റെ വയറ് ചൂണ്ടിയിട്ടുണ്ട് രണ്ടു നേരം കഴായം കൊടുക്കുമ്പോൾ അമ്മമാർ ഇത്രയൊക്കെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഇത് കൊണ്ടുപോയി കൊച്ചിനെയും പേടിപ്പിച്ച് കള്ളേം പേടിപ്പിച്ച് തന്തയും പേടിപ്പിച്ച് ഉള്ള പരീക്ഷണ നിരീക്ഷണം എല്ലാം നടത്തി അവസാനം ഇനി നാല് ദിവസേ ഉണ്ടാവുകയുള്ളു എന്ന് പറയുമ്പോഴാണ് പിന്നെ ആയുർവേദത്തിന് കൊണ്ടിരുന്ന അവിടെ കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതിന്റെ പേരെല്ലാം വായിൽ ഒതുങ്ങാത്തതാണ് അത് കേൾക്കുന്ന ആയുർവേദ വിശ്വരൻ അവര് വീക്ഷിച്ചതിനെ ഇനി തൊട്ട് കഴിഞ്ഞ് വെറുതെ എന്തിനാ ഉള്ള പേര് ചീത്തയാക്കുന്നത് ഇതിന് മരുന്നൊന്നും കൊടുത്ത് നമ്മുടെ പേര് കളയണ്ട ഇതിന് തുടങ്ങാൻ പോകേണ്ട വല്ലതും റീഎംബേഴ്സ്മെന്റിന് എഴുതി കൊടുത്താണെങ്കിലും ഇപ്പൊ കഞ്ഞി കുടിക്കുന്നുണ്ട് എന്തിനെയോ ഏക എനിക്ക് പോണം എന്നോർത്ത് അവരിൽ പിൻവാങ്ങുന്നതാണ് ഇന്നത്തെ കാഴ്ച ഞാൻ പറഞ്ഞത് അതിശൂക്തി അല്ലെന്നാണ് നിങ്ങളുടെ അനുഭവം സമ്മതിക്കുമോ എന്ന് അറിയില്ല എന്തു തോന്നുന്നു എന്തു തോന്നുന്നു ഏ ശരിയാണ് ഇങ്ങനെയാണ് പൊതുവെ കാണുന്നത് പക്ഷെ വളരെ നിസ്സാരമായിട്ടാണ് ഈ വലിയ രോഗത്തെ മഹാരോഗത്തിന്റെ പട്ടികയിൽപ്പെടുത്താതെ പ്രാചീനൻ കണ്ടിരുന്നു സിലിക്കൻ വാലിയും അതിന്റെ വ്യവസായ താല്പര്യങ്ങളും ലോകോത്തരങ്ങളായ ഗവേഷണ പടുക്കളും നിങ്ങൾ പഠിപ്പിച്ചു വിട്ട നിങ്ങളുടെ കുട്ടികൾ അവിടെയെല്ലാം ചെന്ന് മനുഷ്യജീവിതവും പ്രകൃതിയും സസ്യങ്ങളും കണ്ടു വളരാത്തവൻ ലാബറട്ടറി നടത്തിയ പരീക്ഷണവും കൊണ്ടാണ് ഇതെല്ലാം മഹാരോഗമായി വികസിച്ചത് ഞാൻ പറഞ്ഞത് കടന്നുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ പുറകോട്ട് പായിക്കുമെങ്കിൽ നിങ്ങൾ ഇത്തരം എത്ര രോഗികളെ പണ്ട് കാലത്ത് കണ്ടു അതുപോലെ തന്നെ കണ്ടത്തില് വീക്കമുണ്ടായി രക്തത്തിന്റെ അളവ് കുറഞ്ഞ് സ്പ്ലീൻ വീർത്തു വരുന്ന തലങ്ങളിൽ നിന്ന് അപ്പച്ചി എന്നാണ് പറയുക ആയുർവേദം അതിനെ വിളിക്കുന്ന അപ്പച്ചി എന്നാണ് ആ രോഗം ചെറിയ ചീവിയുടെ ലക്ഷണം പോലൊക്കെ കാണുന്നത് കൊണ്ട് വിഷക്കുരൽ ടീ ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മരുന്നുകൾ എത്ര കൂടുതൽ കണ്ടുപിടിക്കുമ്പോഴും ഒട്ടേറെ ലങ് ക്യാൻസറുകളിൽ നിന്ന് ആണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സിച്ചു വഷളാക്കി ക്യാൻസർ ആക്കിയാണ് മുന്നേറുന്നതൊന്ന് സൂക്ഷ്മ നൃക്കുകൾക്ക് മനസ്സിലാവും മറ്റ് ജീവികളെല്ലാം കൊന്നൊടുക്കി ജീവിക്കുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ കാക്കകളെ കൊന്നൊടുക്കിയതിൻ്റെ പരിണതിയാണ് ഇന്ന് അനുഭവിക്കുന്ന ആ രോഗങ്ങളിൽ മനസ്സിലായില്ല അത് വിളിയിട്ടില്ല ഏ ആ ഏറ്റവും കൂടുതൽ തന്നിലേക്ക് സ്വീകരിച്ച് മനുഷ്യനെ രക്ഷിക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതാണ് കാക്ക െ പിടിച്ചു പരിവിഷ്യമാണ് ഇതിലുള്ളവർ എഴുതി വെച്ചല്ല വളരെ പ്രാചീന നിങ്ങളുടെ നാട്ടിലുള്ള വിഷപ്പാമ്പുകളുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ സന്തുക്കളെല്ലാം നീരിവെക്കാൻ നിങ്ങളുടെ ആറെ പാറ്റർ പോസിറ്റീവ് ആകാൻ നിങ്ങളുടെ മുഖത്തിന് ചുവപ്പുനിറം വരാൻ ആന്റിന്യൂക്ലിയർ ആന്റിജൻ എ എൻ പോസിറ്റീവ് ആകാൻ ഇടയായ സിസ്റ്റമിക് ഗ്രൂപ്പ് സെരുമറ്റോസിസ് പോലെയുള്ള രോഗങ്ങൾ ഇത്രയധികം വർദ്ധിച്ചത് മനസ്സിലായില്ല വിഷപ്പാമ്പുകൾ എവിടെ നിന്നാണ് ഹാർഡ് പ്രോട്ടീൻ ആയിരിക്കുന്ന വിഷം വിഷം ഹാർഡ് പ്രോട്ടീനാണ് അതറിയുമോ എന്നറിയില്ല ആ മഞ്ഞ ദ്രാവളം അത് ശേഖരിക്കുന്നത് വായുവിൽ നിന്ന് തന്നെയാണ് വായു അതിനെ രക്ഷിക്കുവാൻ പ്രകൃതിയുടെ അമൂല്യമായ സംഭാവനയാണ് വിഷപ്പാമ്പുകൾ ആർത്തി കൊണ്ട മനുഷ്യൻ അവയെല്ലാം ആ സി പ്രോട്ടീൻ എല്ലാം അവൻ്റെ ശരീരത്തിൽ രക്തത്തിൽ കൂടുകയും അവൻ്റെ ശരീരത്തിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ ഉണ്ടാവുകയും രോഗങ്ങളായി മാറുകയും ചെയ്യും ഏതെങ്കിലും ജീവിയെ പിടിച്ചു അതിൻ്റെ ഉള്ളിൽ ഒരു വൈറസ് കണ്ടാൽ ഉടനെ അതിനെ കൊല്ലാനൊരുങ്ങുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ വിവരക്കേടിൻ്റെ പരിണതിയാണ് ഇത് മുഴുവൻ ആ വൈറസ് ആ ശരീരങ്ങളിൽ നിന്ന് വിട്ടു മനുഷ്യനിലേക്ക് കയറുന്നു എന്ന് വ്യക്തമായി കണ്ടുപിടിക്കുന്നറം വരെയെങ്കിലും അജീവികളോട് നീതി പുലർത്തേണ്ട മര്യാദ മനുഷ്യൻ പാലിക്കേണ്ടതാണ് ഇതിനൊരു സാമൂഹിക അവബോധം വേണം ലാബോറട്ടറിയിലെ അവബോധം പോരാ ശാസ്ത്രത്തിന്റെ സമഗ്രമായ പഠനങ്ങൾ വേണം പാർശ്വികമായ പഠനങ്ങൾ പോരാ കമ്പാർട്ട്മെന്റൽ സ്റ്റഡീസ് സ്പെഷ്യലൈസേഷൻസ് ഇവരുടെയൊക്കെ പരിണതിയാണ് അപ്പൊ അപ്പച്ചയ്ക്ക് ഏതാണ്ട് ആ ലക്ഷണങ്ങളുണ്ട് ഒരഞ്ച് മുക്കുറ്റി അഞ്ച് കുരുമുളക് കൂടെ അരച്ചു കൊടുക്കുമ്പോൾ മാറുന്നൊരു രോഗമാണ് അതുകൊണ്ടൊക്കെയാ ഇതിനെ മഹാരോഗങ്ങളുടെ പട്ടികയിൽ പണ്ടുള്ളവർ പെടുത്താത്തത് അതേ കൂടി അനീമിയൊക്കെ വീട്ടിൽ കിടക്കുന്ന ദുരുമ്പിച്ച് ഇരുമ്പ് വരൊക്കെ എടുത്ത് നല്ലപോലെ പഴുപ്പിച്ച് ഗോമൂത്രത്തിലിട്ട് ഏഴ് പ്രാവശ്യം ഗോമൂത്രത്തിൽ പഴുപ്പിച്ച് മുക്കി പിന്നെ ഗോമൂത്രത്തിലിട്ട് അത് പൊടിച്ചെടുത്ത് അത് ചേർത്തൊരു കഷായം കരിമ്പിൻ്റെ വേരും ഒക്കെ ചേർത്തൊരു കരിമ്പിനുംബാധി കഷായം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്ക് രോഗം പക്ഷേ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും കറുത്ത പാടുകളൊക്കെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഇരുമ്പ് ചേർത്ത് കാരണം രക്തത്തിലെ ഇരുമ്പിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെന്ന് ഒറ്റ മനസ്സിലാവും അന്ന് പട്ടിനൊന്നും ടസ്റ്റ് ചെയ്യാതെ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നൊരു സത്യമാണ് അപ്പം ഇങ്ങനെ അത് എന്ന വിഭാഗത്തിൽസഞ്ചയം ജലോദരമായി ഇതൊക്കെ ഈ പട്ടികയോട് ചേർന്ന് പോകുന്നതാണ് ഗർഭാശയത്തിൽ അണ്ടകോശങ്ങളിൽ ഗർഭാശയ പാർശ്വങ്ങളിൽ വരുമ്പോൾ അത് വിന്ദുരത്തിയായി ഗർഭാശയ വിന്ദ്രി ഉള്ള നിസ്സാര മരുന്നുകൾ അതിനും കൊടുത്തിരുന്നത് ഇന്നിപ്പോയി ഗർഭാശയമൊക്കെ എടുത്ത് കളയുന്ന പോവറിയൊക്കെ എടുത്ത് കളയുന്ന കേസുകളിൽ ചുവന്ന കൊടുവയിൽ പറിച്ചു കൊണ്ടുവന്ന് അരിഞ്ഞ് ചുണ്ണാമ്പ വെള്ളത്തിലിട്ട് അതിന് ചുവപ്പ് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ നാരും എടുത്ത് കളഞ്ഞ് നല്ലപോലെ പൊടിച്ചു ഒരു കൊട്ടാര പാക്കിനോളം പാലില് രണ്ടു നേരം കഴിച്ചാൽ ഒരു ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോ ഈ അന്തർവിദ്യ ഒന്നും കാണുകയില്ല ലക്ഷങ്ങളായതിന് ചെലവാക്കി അവസാനം അവയവമില്ലാതെ ഈശ്വരജൻ ഇല്ലാതെ ഭർത്താവിനോട് കോപിച്ച് പിള്ളേരോട് കോവിച്ച് കുടുംബജീവിതം അസഹ്യമാക്കി അവസാനം മക്കളും ഭർത്താവും ഒക്കെ തള്ള ചത്തു പോയിരുന്നെങ്കിൽ എന്നൊന്നും ആഗ്രഹിച്ച് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് മാരകമായ നിലയിലേക്ക് പോകുന്നു ആകെ വേണ്ടത് കിലോഗ്രാമിൽ താഴെ ചുവന്ന കൊടുവേലിയേ ഉണ്ട് അതിന് ഞായിരം രൂപ വില വെച്ചാലും എൺപത് രൂപ കൊടുത്താൽ പച്ചക്കൊടുവേലി ഉണ്ട് വലിയ ഏറ്റവും കൂടിയ വിലയാണ് എൺപത് രൂപ എന്നുള്ളത് കാര്യം ഇത് കിഴങ്ങ് അത് സിമ്പിളായി മാറിയിരുന്ന വിദ്രതി എന്നാണ് അവിടെ പറയാ സ്ഥനങ്ങളിലാവുമ്പോൾ അത് സ്ഥന കീലകം സ്ഥനവിദ്ര എന്നൊക്കെ പറയും എന്നൊക്കെ പറയും വയറ്റിലെ സ്ത്രീകൾക്ക് പ്രത്യേകം മുഴകളൊക്കെ ഉണ്ടാവും അവയെയും വിദ്വതി എന്ന പട്ടികയിൽ പെടുത്തുന്നത് സാധാരണ ഇന്ന് ഉദരത്തിൽ വരുന്ന സ്ത്രീകളുടെ ക്യാൻസറിനൊക്കെ കിമോയോ കഴിഞ്ഞ് മരണത്തിലേക്ക് പോകുമ്പോൾ അന്നഭേദിയും ശുദ്ധി ചെയ്ത അന്നഭേദിയും ചെമ്പ്രാവള്ളിക്കിഴും ഉപ്പുപോകകളും ശുദ്ധി പൊടിച്ച് ഒരു ടീസ്പൂൺ വീതം ഒരു പതിനഞ്ച് നേരം കഴിക്കുമ്പോഴേക്ക് മറ്റൊന്നും ചെയ്യാത്തതാണെങ്കിൽ ആ പതിനഞ്ച് ദിവസം കൊണ്ട് മാറും അത്ര വളരെ നിസ്സാരമായിരുന്നു സർവീക്സിൽ വരുന്ന വിദ്രധി സെർവിക്സ് ക്യാൻസർ ഇന്ന് സ്ത്രീകളിൽ വളരെ കൂടുതലുള്ളൊരു ക്യാൻസറാണ് ജീവിതശുദ്ധിയുടെ കുറവാണ് വൈറൽ ക്യാൻസറായ സെർവിക്സ് ക്യാൻസറിൻ്റെ പ്രധാന കാരണം സർവിക്സിൽ വരുന്ന അർബുദം വൈറൽ ക്യാൻസറാണ് സ്റ്റം സെൽ ക്യാൻസറോ സെൽ ക്യാൻസറോ ഒന്നുമല്ല അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്നതാണ് എച്ച് പി വി ലിവറിൽ അങ്ങനെ വരുന്ന ഒരെണ്ണമാണ് എച്ച് സി വി അവ പിന്നീട് വികസിച്ചാണ് വൈറൽ ക്യാൻസറുകളായി മാറുന്നത് അതിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും ചികിത്സയുമാണ് ഹ്യൂമൻ പാപ്പുലോമ വൈറസിനെ അടുത്ത കാലത്താണ് സെർവിക്സിൽ ഇങ്ങനെ കാണുന്നതെങ്കിൽ പഴയ സ്ത്രീകളിൽ എന്തുകൊണ്ടില്ലായിരുന്നു വൃത്തിയുള്ള തുണി വൃത്തിയായി പുഴുങ്ങി അലക്കിയാണ് സ്ത്രീകൾ അടിയൊടുപ്പുകളായി ഉപയോഗിച്ചിരുന്നത് പ്രത്യേകിച്ചും ആർത്തവ സമയങ്ങളിലും മറ്റും പ്രായമായ സ്ത്രീകൾ ഉണ്ടോന്നറിയില്ല ആർത്തവം കഴിഞ്ഞാൽ ആ വസ്ത്രങ്ങളൊക്കെ അവർ പുഴുങ്ങി അലക്കാൻ മറി മടിച്ചിരുന്നുമില്ല മറന്നുപോയിരുന്നുമില്ല ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് അവയുടെ ഡിസ്പോസൽ സമഗ്രമായ ആരോഗ്യത്തെ ചിന്തിച്ചല്ല പഠിപ്പുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്നത് പഠിപ്പില്ലാത്ത പെണ്ണുങ്ങളുടെ കഥയാണ് ഞാൻ നേരത്തെ വാങ്ങാറ് ക്യാൻ ഐ കാരണം എനിക്ക് മുന്നോട്ട് പോകാമോന്നാ ചോദിച്ചത് ആ ചോദ്യത്തിനൊരു മര്യാദ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയായിരിക്കുമോ എന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത് ശരിയാണ് കാരണം ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളതാണ് പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ അധ്യാപകരും ഉന്നതരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഈ പഠിച്ച കഴുതകളാണ് ഈ രാജ്യത്തിൽ ഏറ്റവും മാരകങ്ങളായ രോഗങ്ങളെ സൃഷ്ടിക്കുന്നത് ആഹാര ശുദ്ധിയില്ലായ്മ ശരീരശുദ്ധിയില്ലായ്മ വസ്ത്രശുദ്ധിയില്ലായ്മ പരസ്പരം കൈമാറുന്ന വസ്ത്രങ്ങൾ പണ്ടുള്ളവരൊന്നും ചെയ്തിരുന്നില്ല ഇതെല്ലാം ഹ്യൂമ ഹ്യൂമൻ പാപ്പുലോമ വൈറസിന്റെ സർവീസും പരിസരങ്ങളും മാറും ലോകത്ത് ഒരു സ്ഥലവും അണുവിമുക്തമായി ട്രീറ്റ് ചെയ്തു വയ്ക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി അറിയുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററും പരിസരവും അണുവിമുക്തമാണെന്ന തെറ്റിദ്ധാരണ വൈദ്യശാസ്ത്രം പറത്തുകയും ചെയ്യുന്നു മനസ്സിലായില്ല മനുഷ്യ ഉള്ളിലുള്ള പ്രദേശങ്ങൾ പോലും പൂർണ്ണമായി അണുവിമുക്തമാക്കാൻ മരുന്നുകൾക്ക് ഒന്നിനും കഴിയില്ല അനുകൂലികളും പ്രതികൂലികളുമായ ആയിരം ആയിരം അണുകങ്ങളുടെ ആവാസ ഭൂമിയാണ് ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും എല്ലാം എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും പിന്നെ എന്തിനാ മനോരമയും മറ്റും ഇത്ര വിഷമിച്ച് സാമ്പിളുകൾ നാളെ മുതൽ നിങ്ങൾ കാശു കൊടുത്ത് വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ എന്ന് മാത്രമാണ് എൻ്റെ ഉത്തരവ് സിലിക്കൺ വാലിയെ പറഞ്ഞതുപോലെ തന്നെ അധികമായി പോയെന്ന് ഞാൻ പറഞ്ഞാണെന്നറിയില്ല കാരണം ലോകത്ത് ലക്ഷോപലക്ഷം ജനങ്ങൾ ജീവിക്കുകയാണ് ഈ നദിയിലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ധാരാളം ആടും പശുവും പോത്തും പന്നിയും കാളയൊക്കെ അതിനെയൊക്കെ മനുഷ്യൻ പിടിച്ചു തിന്നുന്നുണ്ട് ഇനി ഇവർ ഈ തോട്ടിലെ വെള്ളം നേരിട്ട് കുടിച്ചില്ലെങ്കിലും ഇപ്പം കുപ്പിവെള്ളം കുടിച്ചിട്ട് തൃപ്പൂണിന്തല വഴിയരിയിൽ നിന്ന് പോട്ടിയും പൊറോട്ടയും വാങ്ങിച്ചു തിന്നുമ്പോൾ ആ പോട്ടി ഏത് പന്തിയിൽ നിന്നാണോ വന്നത് ആ പന്തി കുടിച്ച വെള്ളം ഈ വെള്ളം തന്നെയാണ് മനസ്സിലായില്ല ഇതൊന്നും ഗവൺമെന്റുകൾക്കോ ഭരണാധികാരികൾക്കോ നിയമനിർമ്മാണത്തിനോ കൃഷകൂര പ്രമാണിമാർക്കോ ഒന്നും ഇല്ലാതാക്കാൻ കഴിയില്ല ഈ ലോകത്ത് ഇതെല്ലാം ഉണ്ടാവും ഇതിന്റെ നടുക്കൊക്കെ ഈ മനുഷ്യൻ ജീവിക്കാൻ പറ്റൂ ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ പരമാവധി ശുദ്ധവൃത്തികളോട് ജീവിക്കുകയും പരമാവധി ജീവജാലങ്ങളെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവയുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവ നമ്മെ ആക്രമിക്കാതിരിക്കുവാൻ അവയും അവയെ ആക്രമിക്കാതിരിക്കാൻ നമ്മളും ഒരു സാമാന്യ മര്യാദയുള്ളൊരു കരാർ പാലിച്ചു പോവുക മാത്രമാണ് കരണീയമായിട്ടുള്ളത് ഇതാണ് ചരിത്രത്തിന്റെ ഏറ്റവും സ്വാഗതാർഹവും ആനന്ദപ്രദവുമായ ജീവിതരീതി പറഞ്ഞാൽ മനസ്സിലാവോ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ അതിൽ നിങ്ങൾക്ക് വളരെ അകന്നുപോയില്ലേ ഉള്ള സ്കൂളിൽ പോയിരുന്നു ഉള്ള ഇംഗ്ലീഷ് മീഡിയത്തില് ഈ വേണ്ടാത്തുമൊക്കെ പഠിച്ച് നിങ്ങൾക്ക് മനുഷ്യ ഇതര ജീവജാലങ്ങളുടെ ജീവിതവും ഈ പ്രകൃതിയും നിങ്ങൾക്ക് മനസ്സിലാവുമോ അതുമല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടെസ്റ്റ്യൂവിനകത്ത് കുറെ പരീക്ഷണം നടത്തുന്ന പോലെയാണ് ജീവിതം ഇനി കൊച്ചുങ്ങളെ കൂടെ ടെസ്റ്റു കളിൽ ജനിപ്പിക്കുന്നതിനെപ്പറ്റി ഇനി കുറെ കഴിയുമ്പോൾ നിങ്ങളൊക്കെ ടെസ്റ്റുവിനകത്ത് കയറി ജീവിക്കുകയും ശരിയാണോ അല്ലെ അറിഞ്ഞിട്ട് പ്രസിദ്ധിക്കില്ലേ സുഖം ഈ വൈറസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും വിചിത്രമായ കാര്യം അണുനാശകങ്ങൾ കൊണ്ട് പൂർണ്ണമായ അണുവിമുക്തമായ സ്റ്റെറലൈസ് ഓപ്പറേഷൻ തിയേറ്റർ ഗർഭിണിയെ ഡോക്ടറെ നഴ്സിനെ പരിചാരകരെ ടെക്നീഷ്യൻസിനെ ഉപകരണങ്ങളെ മുഴുവൻ സ്റ്റെറലൈസ് ചെയ്തിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി രണ്ടാഴ്ച കഴിയുമ്പോൾ സർവിക്സിൽ ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് ഈ സ്ത്രീയുടെ സർവീക്സിൽ കടന്നുകൂടിയിരിക്കാൻ അഞ്ചു കൊല്ലമായി എന്നും അത് വളർച്ചയൊക്കെ പ്രാപിച്ചുവെന്നും അതുകൊണ്ടാണ് ആ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നതെന്നും അത് മഞ്ഞ മാറിയതെന്നും അത് രക്തനിറത്തിലേക്ക് മാറിയതെന്നും ആ ഡിസ്ചാർജിന്റെ ആരംഭത്തിൽ തന്നെ വൈറസ് ആയിരുന്നുവെന്നും അത് ഈ സ്റ്റെറിലൈറ്റ് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുമ്പോഴും ഈ ഡിസ്ചാർജ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നുവെന്നും കാണുന്നുവെങ്കിൽ എവിടെയാണ് ഈ സ്റ്റെറിലൈസേഷൻ ചോദ്യം വെറും സങ്കല്പമല്ലേ ഈ സ്റ്റെറിലൈസേഷനും ഈ അണുനാശകങ്ങളും ഈ അണുനാശകങ്ങൾ ശക്തമായി ചേർത്തെ ഔഷധങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും അത് കഴിക്കുകയും ചെയ്തിട്ട് അവയെ അതിജീവിച്ച് അണുക്കൾ വളരുകയും വികസിക്കുകയും രോഗങ്ങളാവുകയും ചെയ്യുമ്പോൾ പ്രാചീനരായ സ്ത്രീകളിൽ എത്ര ശതമാനം പേരെ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് ബാധിച്ച് സർവിക്സിൽ ക്യാൻസർ വന്നു എന്ന് ചിന്തിച്ചു നോക്കിയാൽ രസകരമാണ് ചരിത്രം രണ്ട് പ്രസവം കഴിഞ്ഞാല് കുഴമ്പൊക്കെ തേപ്പിച്ച് വേത് തിളപ്പിച്ച് കുളിപ്പിക്കും വല്ല വയസ്സായ തള്ളമാരി നിർബന്ധിക്കും നിങ്ങൾ ചിലപ്പോൾ കരിപ്പം നിങ്ങൾ തെറിയും പറയും പിന്നെ തെറി പറയാൻ പറ്റാത്തതിൽ വിനയമൊക്കെയുള്ള പെൺകുട്ടികളാണ് തള്ളമാരത്രയും മസിൽ പിടിക്കുന്നവരാണ് ചിലപ്പം കുളിപ്പിക്കും അതും കുളിപ്പിക്കാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചകത്തോട്ട് പോകുമ്പോൾ അമ്മേ ഞാൻ തന്നെ കുളിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങ് മറിച്ചും നിങ്ങളൊക്കെ അല്ലേ പാർട്ടികൾ ശരിയല്ല ആധുനിക വിദ്യാഭ്യാസമൊക്കെ കിട്ടിയാൽ വിശഗുര പ്രമാണിമാരെ പോയി കാണുകയും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുകയും എണ്ണയൊന്നും തേക്കരുതെന്ന് പറയുകയും ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയുകയും ഈ വെള്ളമൊക്കെ തിളപ്പിച്ചു കുടിക്കേണ്ട കാര്യം എന്താണെന്ന് യോജിക്കുകയും അതിനു വളരെ രണ്ട് സ്പ്രേ അടിച്ച പോലെ യോജിക്കുകയൊക്കെ ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ തന്റേതായിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറ സാ പറയുന്നത് തെറ്റാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറ വെറുതെ പൊങ്ങച്ചതിന് പറയാം പണ്ട് എൻ്റെ അമ്മ അങ്ങനെ കുടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞോ അതൊക്കെ എനിക്ക് സമ്മതമാണ് ഇതിനൊക്കെ എവിടെയാണ് നേരം കിടക്കുന്നത് ഒന്നാമത് വിവാഹം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ പഠിപ്പുള്ള പെണ്ണ് പോളിലേക്ക് ഭർത്താവ് പോയി കഴിഞ്ഞാൽ അവളുടെ സ്വാതന്ത്ര്യം തള്ളയും തന്തയും കൂടെയുണ്ട് കുറയുമെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് പുറത്തുകൂടെ ഇറങ്ങി ചെത്ത് ശൈലി അടക്കണമെങ്കിൽ ഈ തള്ളയിരിക്കുന്നിടത്തോളം കാലം പറ്റുകയെന്ന് അറിയാവുന്നത് കൊണ്ട് ഈ തള്ള ഉണ്ടെങ്കിലും ചെത്തി അടക്കാൻ പറ്റിയില്ല തോന്നിയെടുത്തൊക്കെ പോണം രണ്ടു ദിവസം വീട്ടിലെല്ലാം കുഴപ്പമൊന്നും പറയരുത് ഭർത്താവിനെ വിളിച്ച് പറയരുത് അയാൾ അയച്ചെന്ന് കാശുമുണ്ട് അടക്കണം ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആ ആധുനിക സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ വയസ്സായി മൂരാച്ചി തെള്ള അത് തെറ്റ് ഇത് തെറ്റ് അതിലും മീനും കഴിക്കരുത് കണ്ടിക്ക് ചിക്കൻ മേടിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടിയാൽ കർക്കിടക മാസം മുരിങ്ങയില കഴിക്കരുത് ഈ അന്ധവിശ്വാസമൊക്കെ വിദ്യാഭ്യാസമുള്ള ഞാൻ സഹിക്കണം ആർത്തവാദികൾ വന്നാൽ ശുദ്ധവൃത്തികളോടെ ജീവിക്കണം ഇന്നത്തെ കാലത്ത് പറ്റുന്നതാണോ മനുഷ്യന് ഏറുന്നതല്ലാണോ തള്ളയെ കൊണ്ട് തോറ്റു നിങ്ങളുടെ തള്ളയെ ഒന്നുകിൽ എവിടെയെങ്കിലും കൊണ്ടേ ഇടുക ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവും എന്ന് പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തി തള്ളയെ ഓൾഡേജ് ഹോമിലേക്ക് മാറ്റി ചെക്ക് സേലിൽ നടന്ന തല കഞ്ചിക്കോട്ടും കാലു വടക്കാഞ്ചേരിയിലും കൈകൾ ചിറ്റൂരിലും ഒക്കെ പത്തനംതിട്ടയിൽ നിന്ന് പോയ പെണ്ണിന്റെ കിട്ടുന്ന കാലത്ത് ശരിയല്ല പണ്ട് പത്തനംതിട്ട കാര്യാണ് ഭർത്താവ് പോരലിലാണ് തള്ളെ ഓടിച്ചേച്ച് പോയതാ കുറെ കാലത്തെ ജത്ത് ജീവിതത്തിന്റെ ബാക്കി പത്രവാ ലിബറേഷൻ ഉത്തമമാണെന്നാ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയെങ്കിൽ രോഗം മരിക്കാവല്ലോ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ വെല്ലമ്മമാർക്ക് ഈ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് വരുന്ന സർവീക്സിലെ ക്യാൻസർ എന്തേ കണ്ടില്ല അവര് പ്രസവം കഴിഞ്ഞാൽ വേദിൽ കുളിക്കുകയും സെർവിക്സിനെ പാപ്പുലോമ വൈറസ് ബാധിക്കാതിരിക്കാൻ പെരിങ്ങലത്തിന്റെ ഒരു വേരൻ്റെ എല്ലാ ഒരു സാധനം തന്നെയാണ് ഈ നാട്ടിലെ പേര് നിങ്ങക്ക് പിടികിട്ടാൻ ഈ നാട്ടുകാരല്ലാത്തവർ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് പിടികിട്ടാൻ വട്ടപ്പലത്തിന്റെ പെരിങ്ങലത്തിന്റെ പെരുകിൻ്റെ ഒരു വേരൻ്റെ തീട്ടപ്പിലാവിലയുടെ ഇതെല്ലാം ഒരേ സാധനമാണ് കണ്ടിലുണ്ടോ എന്ന് അറിയില്ല അതിന്റെ പേര് അരി ചേർത്തരച്ചപ്പൻ ചുട്ടൊരു പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് അത്രയും അവര് ചെയ്യാറുണ്ട് മാരകമായ സെർവിക്സിലെ ക്യാൻസറിന് ആകെ പതിനൊന്ന് ദിവസത്തെ അപ്പമേറിട്ടു